അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് വീണ്ടും അടുത്ത രണ്ടു വർഷമായിട്ടാണ് പോകുന്നത് ഒന്ന് സ്വതസ്ഥത്തെ കുറിച്ച് പറയുന്ന മീമാംസപക്ഷം അടുത്ത പരതസ്ഥത്തെ കുറിച്ച് പറയുന്ന അയ്യപക്ഷം അപ്പോൾ ആദ്യത്തെ ഈ വാക്യത്തിൽ നവാന്നു പറയുന്ന വിപ്ലവത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞ ആ സ്വതത്വം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാക്യത്തിലെ മൂന്ന് ശബ്ദങ്ങളെടുത്ത് ആ വാക്യത്തെ വ്യാഖ്യാനിച്ചു ഏതൊക്കെ മൂന്ന് ശബ്ദങ്ങൾ യാവത്ത് അഗ്രാഖ്യൊക്കെ തട്ടി അപ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങളിലൂടെ അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായി ഇനി എന്താണ് അടുത്ത് പ്രാമാണി സ്വതസ്തുമാണോ അല്ല അതിനെ കുറിച്ചാണ് ഇനി ചർച്ച അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് മനസിലാക്കണം സ്വതസ്തു എന്താണെന്ന് മനസ്സിലാക്കണം അതാണ് ഇതുവരെ പറഞ്ഞത് അപ്പൊ ഇനി ചർച്ച കഴിഞ്ഞ എന്താണോ നവ അഭിപ്രതി പറഞ്ഞ കാര്യം സ്വതസ്ഥമാണോ അതോ പരതസ്വമാണോ അതാണ് അറിയാതെ അത് മീമാംസയുടെ എന്തുപറയും മീമാംസയുടെ സ്വതസ്വെന്ന് പറയുമ്പോൾ എന്തായി സ്വതസ്ത്വം അതറിയും അതിന് വേണ്ടിയിട്ടാണ് എന്താ ആദ്യം പറഞ്ഞത് അത് അപ്രാമാണ ഗ്രാഹക യാവത് ഞാനഗ്രാഹക സാമഗ്രി സ്വതസ്തു മനസ്സിലായി പിന്നെ അതാണോ അല്ലെ നോക്കിയാൽ ഇപ്പൊ അടുത്ത ആദ്യം മീമാംസവപക്ഷത്തൊന്നുകൊണ്ട് പിന്നെ അവരുടെ സ്വതസ്ത്വത്തെ അവര് സമ്മർദ്ദിക്കുകയാണ് സ്വതസ്വെന്താണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു സ്വദേവ പ്രാമാണി ഗൃഹ്യതീതത്തിലെ നവാന്നുള്ള ണോ അല്ലയോ ആണോ എന്നുള്ള പക്ഷം പറയാം സ്വതവ പ്രദേശയാണ് ഗ്രഹിക്കുന്നത് ഇത് മുരാലിമിശ്ര അഭിപ്രായം അനുസരിച്ച് പറയാം അത് നൈയായികന്മാരുമായിട്ട് കുറച്ച് യോജിച്ചിരിക്കുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് അതിനെടുത്ത് മുരാലിമിശ്രൻ പറയുന്നത് എന്താണോ ഘടത്വേന ഘടമഹം ജാനാമി അയം ഘടക എന്ന് പറയുന്ന ജ്ഞാനം എന്താണ് ഘടത്വേന ഘടമഹം ജാനാമി എന്നാണ് അവർ പറയുന്നത് അവിടെ ഘട അഹം ജാനാമി ഇതാണ് വ്യവസായം ഘടമഹം ജാനാമി ആദ്യം എന്താണ് അയം ഘടക എന്നുള്ള ഞാൻ ഇത് വ്യവസായം വിശ്രമതം അനുസരിച്ച് അത് കഴിഞ്ഞ് അടുത്ത് എന്ത് ജാനം ഉണ്ടാകുന്നു ഘടത്യന ഘടമുഖം ജാനാമി എന്ന അനുഭവം ഉണ്ടാകുന്നു അപ്പൊ അനുഭവസായം ഉണ്ടാകുമ്പോൾ അവിടെ ഈ അനുഭവത്തിന്റെ വിഷയം എന്താണ് ഘടഘടത്വരുപത്ത സംബന്ധസ്യാധി വിഷയീകരണ പറയുന്നു ഘടമുഖം ജാനാമി എന്ന് പറയുന്ന അനുഭവായത്തിൽ രണ്ടും സംബന്ധം മൂന്നും വിഷയമാത്ര അനുഭവസായത്തിന് മൂന്നും വിഷയമായ അതിന്റെ അർത്ഥം എന്താണ് ഘടത്തിൽ ഉള്ള ഘടത്വസംബന്ധത്തെ ഗ്രഹിക്കുന്നു എന്നാണ് ഘടത്തിൽ ഘടത്വസംബന്ധത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കുന്നത് ആ ഞാനും പ്രമേയ ഘടത്തിൽ പടത്വസംബന്ധത്തെ ഗ്രഹിച്ചാലോ ബ്രഹ്മമായി അപ്പൊ ഘടത്തിന് കടത്ത് സംബന്ധത്തെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുവ്യവസായത്തിലൂടെ ഭ്രമ ആണെന്ന് ഗ്രഹിച്ചു എന്നാണ് ഞാനത്തിന് നിജപ്രാമാണ ഗ്രഹിച്ചു എന്താണ് അവർ പറയുന്നത് അപ്പൊ അനുവ്യവസായം കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു അതിനുള്ള പ്രാമാണത്തെയും ഗ്രഹിക്കുന്നു ഇത് അനുവ്യവസായി ഘടകടത്തുകയോ ഇപ്പോൾ സംബന്ധ സേവ വിഷയി ആ സംബന്ധത്തെ എടുത്തു പറയുന്നത് ഗ്രഹിച്ചാൽ എന്താവും യഥാർത്ഥമാകും എന്ന് പ്രത്യേകം ധരിച്ചാലും ഘടത്തിൽ ഘടത്വ സംബന്ധത്തെ ഗ്രഹിക്കുന്നു ഘടത്വസംബന്ധ തയോ സംബന്ധം നടത്തും സംബന്ധം വ്യവസായ രൂപ പ്രത്യാസത്തെ തുല്യത്വ ഈ പറയുന്നത് അഹം ജാനാമി എന്ന് പറയുന്നത് അനുവ്യവസായ എന്തുകൊണ്ട് അനുവ്യവസായ ചെയ്ത് ഗ്രഹിക്കാൻ പറ്റുന്നു പറയുന്നു വ്യവസായ ജ്ഞാനത്തില് ആദ്യത്തെ ജ്ഞാനത്തിലും ഇങ്ങനെ തന്നെ ഗ്രഹിക്കുന്നു എന്നുള്ള ആ ജ്ഞാനത്തിൽ സംബന്ധം ഇതാണ് ആഗ്രഹിക്കുന്നത് ആ ഗ്രഹത്തെയാണ് എന്തു പറയുന്നത് വ്യവസായ വ്യവസായ സംബന്ധവും എന്നിട്ട് അത് വ്യവസായം ആ വ്യവസായത്തിന്റെ ജ്ഞാനത്തിന് എന്തു പറയും അപ്പം വ്യവസായ ജ്ഞാനത്തിലൂടെ അനുവസായം എന്തിനൊക്കെ ഗ്രഹിക്കുന്നു കടത്തുകയും കടത്തുകയും അതിന്റെ സംബന്ധിച്ച് അപ്പം അനുവ്യവസായത്തിന് വ്യവസായം എന്ന് പറയുന്ന സംബന്ധത്തിലൂടെ അനു വ്യവസായത്തിന് എന്തിനുഗ്രഹിക്കാൻ പറ്റും കടവും കിടത്തും അതിന്റെ സംബന്ധം അപ്പൊ അനു വ്യവസായം സംബന്ധിക്കുന്നത് എന്താണ് വ്യവസായം വ്യവസായ ഒരു സംബന്ധമായി അനുഭവത്തിന് എന്തിനഗ്രഹിക്കാൻ പടവും കടത്തും അതിന്റെ സംബന്ധം അതാണ് ഇവിടെ പറയുന്നത് വ്യവസായ രൂപ പ്രത്യാസത്തെ തുല്യത്വ വ്യവസായ രൂപമായ പ്രത്യാസത്തിനു ചെറിയ സംബന്ധം അത് തുല്യമായിരിക്കുന്നു ഏതിന് വ്യവസായ രൂപ സംബന്ധം തുല്യമായിരിക്കുന്നു ഏതിനാണ് ഘടത്തെയും കടത്വത്തെയും അതിന്റെ സംബന്ധത്തെയും ഗ്രഹിക്കുന്നു എന്നുവെച്ചാൽ വ്യവസായ ജ്ഞാനം എങ്ങനെയാണോ കടത്തെയും സംബന്ധത്തെയും വിഷയമാക്കുന്നത് അതിന് തുല്യം അനു വ്യവസായം എന്ത് ചെയ്യുന്നു അതിന് സംബന്ധം എന്തായിരിക്കുന്നു വ്യവസായം അതെന്ന് പറയുന്നത് വ്യവസായ രൂപ പ്രത്യാസത്തേ വ്യവസായമാകുന്ന പ്രത്യാസത്തെ ആ സംബന്ധം അനുഭവ വ്യവസായത്തിന് ഈ മൂന്നെണ്ണത്തിനെയും ഗ്രഹിക്കുന്നതിന് തുല്യമായിരിക്കുന്നു ഒരു ജ്ഞാനത്തിന്റെ ജ്ഞാനം എന്നുവെച്ചാൽ വ്യവസായ ജ്ഞാനത്തിന്റെ ജ്ഞാനം ഏതാണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഞാനും ഒന്നാമത്തെ ജ്ഞാനത്തിൻ്റെ വിഷയത്തെ ഗ്രഹിക്കും എന്നാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ഞാനേതാണ് അത് ഒന്നാമത്തെ ഞാനം ഏതാണ് അതിൻ്റെ വിഷയം എന്താണ് അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്വതസിദ്ധമായി വ്യവസായ ജ്ഞാനം കൊണ്ട് എന്തിനെയാണ് ആഗ്രഹിച്ചത് അതിനെ തന്നെ അനുവസായം കൊണ്ടും ഗ്രഹിച്ചു അപ്പോൾ കടത്തിൽ കടത്ത് സംബന്ധിച്ചു അതാണ് ഒരു ജ്ഞാനം ഗ്രഹിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥമാണ് പ്രാമാണ്യത്തെ ഗ്രഹിച്ചു അങ്ങനെ ഗ്രഹിച്ചു എന്നുള്ളത് ഗുരാരീശ്വരന്റെ സിദ്ധാന്തമാണ് ഞങ്ങൾ അങ്ങനെ അതിനെ വ്യാഖ്യാനമാണ് അവര് വ്യാഖ്യാനിക്കുകയാണ് അതുകൊണ്ട് ഘടജാനവും ഗ്രഹിക്കുന്ന അനുഭവ വ്യവസായം തന്നെ ആ ജ്ഞാനത്തിലുള്ള പ്രാമാണ്യത്തെയും ഗ്രഹിക്കുക കാരണം വിഷയമാണ് എന്റെ കടവും കടത്തും സംബന്ധം അനിയങ്കിച്ച് എന്നാണ് പറയുന്നത് ഒരു ജ്ഞാനത്തിൻ്റെ ജ്ഞാനം എന്ത് ചെയ്യുന്നുത്തെയും എൻ്റെ വിഷയത്തെയും നമ്മുടെ സിദ്ധാന്തം പറയുന്നത് അപ്പോ ഈ ഇതെങ്ങനെ പ്രമേയാകുന്നു അതിൻ്റെ നിയമം പറയുന്നു പുരോവർത്തിനി പ്രകാര സംബന്ധസൈവ പ്രമാത്വപദാർത്ഥത്വം അപ്പോൾ പ്രമാന്ന് പറഞ്ഞാൽ എന്താണ് പുരോവർത്തിനി മുമ്പിൽ ഇരിക്കുന്ന വസ്തു അതാണ് പുരോഗത്തി വർത്തിക്കുന്നത് ഇവിടെ ഇതാണ് കടം ആ വസ്തുവിലുള്ള പ്രകാരസംബന്ധം പ്രകാരം എന്താണ് കടത്തും അതിന്റെ സംബന്ധം എവിടെരുന്നു കടത്ത് വസ്തുവിലുള്ള പ്രകാര സംബന്ധം ആ പ്രകാര സംബന്ധത്തെ ഗ്രഹിക്കുന്നതിനാണെന്ന് പറയുന്നത് പ്രമാറയുന്നു അപ്പൊ പ്രമാന്ന് പറഞ്ഞാൽ അതാണ് മുമ്പിലിരിക്കുന്ന വസ്തുവിൽ അതിന്റെ പ്രകാരത്തിന്റെ സംബന്ധം അതിന്റെ പ്രകാരം വേണം ശക്തിയില് രജതത്വപ്രകാര സംബന്ധം വന്നാൽ പോലെ ശുക്തിയിൽ എന്തിന്റെ സംബന്ധം വേണം ശക്തിത്വ പ്രകാര സംബന്ധം അതാണ് പുരോഗത്തിനിൽ നിൽക്കുന്ന വസ്തുവിൽ പ്രകാര സംബന്ധം എന്ന് വെച്ചാൽ അതിന്റെ പ്രകാരത്തിന്റെ സംബന്ധ സേവ ആ സംബന്ധ ജ്ഞാനം എന്നർത്ഥം പ്രമാത്വ പദാർത്ഥത്വ അതിനാണെന്ത് പറയുന്നത് പ്രമ എന്ന് പറയുന്നത് അപ്പൊ അതിനഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പ്രമേയാണ് അപാതകരുടെ പക്ഷത്തിൽ മുരൻ മിശ്രന്റെ പക്ഷത്തിൽ ഇത് സമർത്ഥിച്ചു കഴിഞ്ഞപ്പം പറയുന്നു അവര് പറയുന്നു നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചാണെങ്കിൽ ജലം എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ പ്രമാഗ്രഹിച്ചിരിക്കണം നയായികൻ അനുഭവത്തിനനുസരിച്ചിട്ട് നിഷേധിക്കണമെന്ന് നയ്യായം പറയുന്നത് എന്താണ് സ്വതപ്രാമാണികം പ്രമാനവായ അനഭ്യാസ ദശായം പ്രമാപ്ത സംശയ ജ്ഞാനത്തെ സംബന്ധിച്ച് രണ്ട് ദശയുണ്ടെന്ന് അനഭ്യാസ ദശ എന്ന് വെച്ചാൽ ആ ജ്ഞാനം ഉണ്ടായതിനു ശേഷം ഉള്ള പ്രവൃത്തിക്ക് മുമ്പുള്ള ദശയാണ് എന്ത് അനഭ്യാസം അഭ്യാസം എന്ന് വെച്ചാൽ ശേഷമുള്ള പ്രവൃത്തിക്ക് ശേഷമുള്ള ദശയാണ് എന്ത് പറയുന്നു അനഭ്യാസ ദിശയിൽ ഒരാൾക്ക് ദൂരെ അവിടെ വെള്ളം കിടക്കുന്ന കണ്ടു ഒരു കുളത്തിൽ വെള്ളം കിടക്കുന്നതു കൊണ്ട് വെള്ളം കിടക്കുന്ന കണ്ടു കണ്ടിട്ടുണ്ട് അപ്പൊ അയാളുടെ മനസ്സിലെന്ത് ചെയ്യുന്നു ജലം എന്നുള്ള ഞാനുണ്ടായതിനു ശേഷം പ്രവർത്തിക്കുന്നതിന് മുമ്പ് സംശയമുണ്ടാവും എന്നു പറഞ്ഞാൽ എന്താണോ ഒന്നാമത്തെ ക്ഷണത്തിൽ ഞാനത്തെ ഗ്രഹിച്ചു ഇതം എന്ന് പറഞ്ഞാൽ എന്താണ് സാമഗ്രികൊണ്ട് ഞാൻ ചക്ഷസംയോഗാദി സാമഗ്രികൊണ്ട് എന്ത് ചെയ്തു ഞാനോ ഉണ്ടായി ഇതും ഇപ്പം അവിടെ ജ്ഞാനത്തെ ഗ്രഹിച്ചിരിക്കണം ജ്ഞാനഗ്രാഹസമ്മ ആ സാമഗ്രികൊണ്ട് അപ്പം തന്നെ പ്രാമാണിത്തെ ഗ്രഹിച്ചാൽ അപ്പോഴത്തന്നെ ഗ്രഹിക്കണം ഞാനും പ്രാമാണ്യം ഒരുമിച്ച് ഗ്രഹിക്കണം അതേ സാമഗ്രികൊണ്ടാണെങ്കിൽ ഗ്രഹിച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ സംശയം ഉണ്ടാകാൻ പാടില്ല കാരണം പ്രമാത്മകമായ ജ്ഞാനം ഉണ്ടായാൽ പിന്നെ സംശയം ഉണ്ടാകാൻ പാടില്ല പ്രമാത്മകമായ ജ്ഞാനം ഉണ്ടാകാതിരിക്കുമ്പോഴാണ് സ്ഥാണറുവാ പുരുഷവാണെന്ന് സംശയം ഉണ്ടാകുന്നു സ്ഥാണമാണെന്ന് പരമാത്മക ഞാനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ സംശയം ഇല്ല അതുകൊണ്ട് ഞാനുണ്ടായി ഉടൻ സംശയം വരുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ അവിടെ പ്രാമാണിയത്തെ ഗ്രഹിച്ചിരുന്നത് കേവലം ഞാനും ഉള്ളൂ ഇതാണ് സ്വതപ്രാമാണിഗ്രഹി സ്വതപ്രാമാണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് സമയാണോ ഇതം ജലമെന്നുള്ള ജ്ഞാനം ഉണ്ടായത് ആ സമയം തന്നെ ആ അതിന്റെ സാമഗ്രികൊണ്ട് തന്നെ പ്രാമാണ്യത്തെ വിജയിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ ജലജ്ഞാനം പ്രമാണവാ എനിക്കുണ്ടായ ജലപ്രമേ അല്ലെങ്കിൽ ഒന്നുള്ള അഭ്യാസ ദശായ പ്രവർത്തിക്കു മുമ്പ് പ്രമാത്വ സംശയവും പ്രമാത്വ സംശയം വരാൻ പാടില്ല അങ്ങനെ അനു വ്യവസായി ആദ്യം ഇപ്പോ മുരാരിശ്രൻ പറഞ്ഞ അനുസരിച്ച് എന്താണ് ജലഞ്ജാനം ഉണ്ടായി ഉടൻ തന്നെ എന്തെങ്കിലും അനു വ്യവസായം കൊണ്ട് പ്രാമാണ്യം നിശ്ചയിച്ചുതന്നെ അങ്ങനെ പിന്നെ സംശയം ഉണ്ടാകാൻ പാടില്ല പ്രവർത്തിക്കുന്നു ഒരാതാ പറഞ്ഞത് ഘടത്തുവിനെ ഘടമ ജന ജ്ഞാനമുണ്ടായി അവിടെ ഘടകവും ഘടത്തും സംസർഗവും വിഷയമായി ഉടനെ അനുഭവസായം ഉണ്ടായി വ്യവസായത്തിൻ്റെ വിഷയത്തെ ഗ്രഹിച്ചു അത് പ്രമേയാണ് പ്രാമാണത്തെ ഗ്രഹിച്ചു ഒന്നും സംഭവിക്കാൻ പാടില്ല അനുഭവനെ പ്രാമാണിത്യ നിശ്ചിതത്വമെന്ന് പറയുന്ന ആരുടെ തസ്മാ സ്വതോഗ്രാഹിത്വ ഭാവമാണ് അവളുടെ സ്വതോഗ്രാഹിത്വം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല പരതോ ഗ്രാഹിത്വം അവരുടെ പരതോ മിശ്രനുമായിട്ട് വാദപ്രതിവാദത്തിനു മുമ്പ് ഒരാളോട് മണ്ഡലമിശ്രന്റെ വീട് വീട്ടിൽ പോകുന്ന വഴിയെത്തും അപ്പോ ആ വഴിപോക്കം പറഞ്ഞു കൊടുക്കുന്ന ഇതാണ് സ്വതപ്രമാണം ഭരപ്രമാണം ഗിരാങ്കനായ ഗിരം ഗിരന്ത നിങ്ങള് ഏതൊരു വീട്ടിന്റെ അവിടെ കൂട്ടിലടച്ചിരിക്കുന്ന ഒരു തത്ത ഇരുന്നുണ്ട് സ്വതപ്രമാണം ഭരതമാണം പറയുന്നത് ആ വീടാണ് മണ്ഡലമീസറിന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ എന്താ എന്ത് മനസിലാക്കി മണ്ഡൽ മീസരന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിരന്തരം ശാസ്ത്ര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പണ്ഡിതന്മാർ സ്വതപ്രമാണത്തെയും ഭരതപ്രമാണത്തെയും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അത് കേട്ടു കേട്ട് അവിടെ കൂട്ടിലടച്ചിരിക്കുന്ന തത്ത പോലും എന്തെയ്യുന്നു ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നിരന്തരമായി ശാസ്ത്ര ചർച്ച നടക്കുന്ന ഒരു വീട് എന്നുള്ളതിന് അടയാളം പറഞ്ഞുകൊടുത്താണ് ഒരു വഴിപോക്ക് ഇത് ശങ്കരദിഗ്വിജയത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പണ്ഡിതന്മാരുടേറ്റവും വലിയ വിഷയമായിരുന്നെന്താണ് ഇതൊക്കെയാണ് സ്വതപ്രമാണമാണോ പരിതപ്രമാണമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് പണ്ടത്തെ മിശ്ര മീമാംസവനാണ് ഇപ്പോൾ താർക്കികന്മാരുമായിട്ടവിടെ നിരന്തരം വാദപ്രതിവാദം നടന്നുകൊണ്ടിരുന്ന അതൊരു കാലഘട്ടം അങ്ങനെയായിരുന്നു അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അനു വ്യവസായം ഇനി പരദോഗ്രാഹിത്വത്തെ വിശദീകരിക്കും നേരത്തെ പറഞ്ഞ വ്യവസായം അനുഭവം തള്ളിക്കളഞ്ഞു ഒരറ്റ എങ്ങനെ തള്ളിക്കളഞ്ഞു പറയുകയും ജലജ്ഞാനം ഉണ്ടായതിനു ശേഷം സംശയം ഉണ്ടാകും സംശയം ഉണ്ടാകുന്നതുകൊണ്ട് സ്വതപ്രാമാണല്ല എന്നു വച്ചാൽ ജ്ഞാനമുണ്ടായപ്പോൾ പ്രാമാണ്യത്തെ ലയിച്ചില്ല അത് കേവലം ജ്ഞാനം പ്രമാഅപ്രമാ പറയാൻ പറ്റില്ല ഒരു ജ്ഞാനം ഉണ്ടായി പിന്നെ സംശയം ഉണ്ടാകും പിന്നെ പ്രമാത്വം അല്ലെങ്കിൽ അപ്രമാത്വം തഥാഹി ഇനി അത് തന്റെ പക്ഷം വിശദീകരിക്കുന്നു പ്രഥമം സത്യം ജലസതി പൂർവോത്പന്നം പ്രസമർത്ഥ പ്രവൃത്തി ജനകത്വ എന്നെയും തന്നെയും അപ്രമാ ഇത് വ്യതിരേഖയ തന്റെ പക്ഷം തഥാഹി പറയുന്നു പ്രഥമം ജലഞ്ജാനന്തരം പ്രഥമം ജലജാനം എന്ന് വെച്ചാൽ ഒരാൾ ആദ്യമായിട്ട് അയാളുടെ ആദ്യ അനുഭവമാണ് ജലഞ്ജാനം ഉണ്ടാകുന്നു മരുഭൂമി സഞ്ചരിക്കുകയാണ് ആയാക്കൊരു സ്ഥലത്ത് ജലഞ്ജാനം ഉണ്ടായി ജലഞ്ജാനന്തരം പ്രവൃത്ത സത്യങ്ങൾ എന്ത് ചെയ്യുന്നു ഓടിച്ചെടുത്തു ഓടിച്ചെന്ന് കഴിഞ്ഞു അപ്പൊ യഥാർത്ഥ ജലമാണ് പ്രവൃത്ത സത്യം ഇതാണ് അഭ്യാസ ദശ എന്ന് പറയുന്നു പ്രവൃത്തി ഉണ്ടായി ജലലാഭേ സ്ഥിതി ഇതാണ് അഭ്യാസ ദശയിലുള്ള പ്രവൃത്തിക്ക് ശേഷം എന്ത് ചെയ്തു കുടിച്ചു ജലലാഭം ഉണ്ടായി ാണ് പറയുന്നത് പൂർവോപന്നം പൂർവോത്പന്നം ജ്ഞാനം പ്രമാ എന്താണ് ഈ അഭ്യാസ ദശയ്ക്ക് മുമ്പ് സംശയമുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ ജലജ്ഞാനം പ്രമാ അത് പ്രമേയാണോ സമർത്ഥ പ്രവൃത്തിജനകത്വം അല്ലെങ്കിൽ സഫല പ്രവൃത്തിജനകത്വ സമർത്ഥം എന്ന് വെച്ചാൽ സഫല പ്രവൃത്തി ക്ഷേതാണ് പക്ഷേ ഏതാണ് പുറ ഉത്പന്നാണ് സാധ്യം എന്താണ് ഏ ഒത്തിരി കാലമായിട്ട് സാധ്യം പറയാൻ പഠിച്ചിട്ടില്ല ക്രമാത്വം ഏതും സമർത്ഥ പ്രവൃത്തി ജനകത്വം അതല്ലെങ്കിൽ സഫലപ്രവൃത്തി ജനകത്വം എന്താണ് ദൃഷ്ടാന്തം ഇവിടെ എന്തിനു ദൃഷ്ടാന്തമായിട്ടെടുക്കും എന്തിനു ദൃഷ്ടാന്തമായിട്ടെടുക്കും ഇവിടെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത് പ്രഥമ ജ്ഞാനമാണ് അതുകൊണ്ട് ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല ഇനി ഇതുപോലെ അടുത്തൊരു ജ്ഞാനം ഉണ്ടാകുമ്പോഴത്തേന് ദൃഷ്ടാന്തമായിട്ടെടുക്കും അപ്പൊ അയാൾ എന്ന് പറയുന്നു എന്നെയും തന്നെയും അപ്രമാ ഭ്രമമുണ്ടായത് അതിനു ദൃഷ്ടാന്തമായിട്ടു എന്നുവെച്ചാൽ ഇവിടെ അന്യവ്യാപ്തി ഇല്ലാന്നു എന്നെയും തന്നെയോ എന്ന് കൊണ്ടു കഴിഞ്ഞാ അപ്പൊ മനസ്സിലാക്കിക്കൊള്ളുന്നു ഇത് വ്യതിരേക വ്യാപ്തിയാണ് കേവലം വ്യതിരേഖ ആണോ വ്യാപ്തി എങ്ങനെ പറയും വിതരേവ്യാപ്തി എങ്ങനെ പറയും വിദ്രവ്യാപ്തി പറയാൻ അറിയത്തില്ല അപ്പൊ ഇവിടെ എങ്ങനെ പറയും എത്രയെത്ര പരമാത്വഭാവ ജനകത്വഭാവ അവിടെയുള്ള ഭ്രമം ഉണ്ടാവുന്നു അവിടെ പ്രമാത്വമില്ല സഫലപ്രവൃത്തിജനകത്വമില്ല വ്യാപ്തി ഹേതുവിനെ നിശ്ചയിക്കുന്നത് സാദ്ധ്യാഭാവ് വേവകീഭൂത അഭാവ പ്രതിയോഗിക്കും അങ്ങനെ സാധ്യമായി പ്രമാധ്യാഭാവമായി പ്രമാഭാവം സാധ്യാഭാവ വേവകീഭൂത അഭാവമായി സമൃദ്ധി പ്രവൃത്തിജനകത്വ അഭാവം ഇപ്പൊ സദ്യാഭാവ വ്യാപക അഭാവം ഹേതുവിന്റെ അഭാവം അഭാവപ്രതിയോഗിത്വം ഹേതുവിനോന്നു സമൃദ്ധി പ്രവൃത്തി ജനകത്വത്തിൽ നിന്നു അനുമാനത്തിലൂടെ എന്ത് ചെയ്യുന്നു പ്രമാത്വം നിശ്ചയിച്ചു എവിടെ ആദ്യമുണ്ടായ ജലജ്ഞാനത്തിൽ അനുമാനത്തിലൂടെയാണ് നിശ്ചയിച്ചത് ഇതാണ് ഇതുവരെ ചർച്ച ചെയ്യുന്നത് ഇത് വ്യതിരേകിനാ എന്ന് വെച്ചാൽ വ്യതിരേക ഹേതുവിനെ കൊണ്ടുവന്നർത്ഥം എന്ന് പറയുന്നത് എതിരേ ഹേതുവാണ് പ്രമാത്വം നിശ്ചയിതേ ഹേതു കൊണ്ട് പ്രമാത്വത്തെ നിശ്ചയിക്കുന്നു ദ്വിതീയാതിജ്ഞാനേശു ഇതൊരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് എന്ത് ചെയ്യുന്നു ദൃഷ്ടാന്തമുണ്ട് രണ്ടാമത് ഇതുപോലെ ജലജ്ഞാനം കാണുകയും സംശയിക്കുകയും പ്രവൃത്തിക്ക് ശേഷം പൂർവജ്ഞാന ദൃഷ്ടാന്തേന അപ്പൊ പൂർവജ്ഞാനത്ത് ദൃഷ്ടാന്തമാകും മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നു അതിനെ ദൃഷ്ടാന്തമാക്കിയിട്ട് എന്നുവെച്ചാൽ പ്രഥമജ്ഞാനവത്ത് അങ്ങനെ അല്ലെങ്കിൽ പൂർവത് തന്നെ ജ്ഞാനവത്ത് എന്നാൽ അതിനെ ദൃഷ്ടാന്തമാക്കിയിട്ട് അന്യ വ്യക്തിയുണ്ട് ദ്വിതീയാദിജ്ഞാനേഷ് പൂർവജ്ഞാന ദൃഷ്ടാന്തേനീയത്വ ലിംഗേന പൂർവജ്ഞാന സജാതീയത്വ സജാതീയത്വ അങ്ങനെ പറയും അങ്ങനെ പറയും അവിടെ രണ്ടാമതനുമാനം അങ്ങനെ രണ്ടാമതൊരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് പറയും ഇതും ജ്ഞാനം പ്രമാഹേതു എന്ന് പറയും പൂർവജ്ഞാന സജാതീയത്വ പൂർവജ്ഞാന പ്രഥമ പ്രമാവത് പ്രഥമ പ്രമാവത് അപ്പൊ ഇവിടെ സാധ്യമെന്തായി സാധ്യമെന്തായി പ്രമാത്വം തന്നെ ദ്ധീയജ്ഞാനം പക്ഷമാക്കി നഗതജ്ഞാനം പക്ഷമാക്കി പ്രമാസാധ്യമായി ഏത് എന്താണ് പറയുന്നത് പ്രഥമജ്ഞാന സജായത്വത്വ അത് എനിക്ക് മുമ്പുണ്ടായ അതേ ജ്ഞാനം പോലെയാണ് ഈ ജ്ഞാനം സജാതീയത്വ ദൃഷ്ടാന്തം എന്തായി പൂർവ പ്രമാവത് ആദ്യത്തെ പറ പൂർവപ്രമാ അതിലെ സാധ്യ എന്തുണ്ട് പ്രമാർവപ്രമാ ദൃഷ്ടാന്തമേതു എന്തുണ്ട് ഏ പൂർവജ്ഞാന സജാതീയത്വം ഇപ്പൊ ദ്വിതീയജ്ഞാനം പക്ഷത്തിൽ പ്രമാത്വസിദ്ധിക്കുന്നു ദൃഷ്ടാന്ത ഹേതു ശ്രദ്ധിക്കുന്നു എന്താണ് ഹേതു പൂർവജ്ഞാന സ്വജാതീയത്വം സാധ്യത ശ്രദ്ധിക്കുന്നതെന്താണ് പ്രമാത്വം നിശ്ചയിതേ ദ്വതജ്ഞാനു പൂർവജ്ഞാനദിഷ്ടാന്തത്വേന ീയത്വ ലിംഗേന പൂർവജ്ഞാന ദൃഷ്ടാന്തമാക്കാ പൂർവഭ്രമാസജാതീയത്വ ലിംഗം എന്ന് വെച്ചാൽ പൂർവഭ്രമാ സജാതീയത്വ അല്ലെങ്കിൽ പൂർവജ്ഞാന സജാതീയത്വന ഹേതുവാക്കി അന്യ വ്യതിരേകനാ ഈ ഹേതു എന്ന് പറയാൻ അന്യവ്യതിരേക ഹേതുവാണ് എത്ര എത്ര പൂർവജ്ഞാന സജാതീയത്വം തത്രയത്ര എങ്ങനെ പറയും എത്ര പ്രമാഭാവ്ഞാന സജാതീയത്വ അഭാവ യഥാപ്രമാ ദൃഷ്ടാന്തം കിട്ടിക്കഴിഞ്ഞാൽ അന്യ വ്യതിരേഖിയാവും അതാണ് ദ്വിതീയാദോ പൂർവ്വജ്ഞാന ദൃഷ്ടാന്തേന സജാതീയത്വ ലിംഗേന അന്യ വ്യതിരയിക്കണ അഭി ഗ്രഹ്യത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേൽ കേവലം വ്യതിരയിക്കുകയാണ് മുതൽ എല്ലാത്തിലും അന്യ വ്യതിരഹ്യതയിലൂടെ ഗ്രഹ്യത എന്ത് ഗ്രഹ്യത പ്രാമാണിയാണ് അപ്പോ ജ്ഞാനം അല്ലെങ്കിൽ ഞെപ്തി എന്നറിയുന്ന ജ്ഞാനത്തിലുള്ള പ്രാമാണ്യം എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെ ചർച്ച ചെയ്ത് അത് എങ്ങനെ ഗ്രഹിക്കുന്നു സ്വതോ ഗ്രാഹ്യമാണ് എന്നുവെച്ചാൽ ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന എന്തുകൊണ്ടോ അത് കൊണ്ട് തന്നെ പ്രാമാണ്യത്തെയും ുന്നു അതുകൊണ്ട് ജ്ഞാനത്തിലുള്ള പ്രാമാണ സദോഗ്രാഹ്യമാണ് എന്നാണ് ഇനി അടുത്ത് ചർച്ച ചെയ്യുന്നത് ജ്ഞാന ഉത്പത്തി എന്നൊന്നാണ് ജ്ഞാനഉത്തിട ഇതുവരെ ജ്ഞാനത്തിന്റെ കാര്യമാണ് പറഞ്ഞത് പ്രമയില് പ്രാമാണസ്തുമാണ് നയായികന്റെ പക്ഷത്തിൽ പരതസ്തുമാണ് ഇപ്പം നയായികൻ പരതസ്ത്വത്തെ സംബന്ധിച്ചു ആദ്യം മീമാംസകര് സ്വതസ്തു ആണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഖണ്ണിച്ചിട്ട് നയ്യായികൻ ഹലോ സ്തുവം പറഞ്ഞു ഇനിയിപ്പോ എന്താണോ പ്രമേയുടെ ഉത്പത്തി ഉത്പത്തി സ്വതയാണോ പരിതയാണ് അതാണ് ഇവിടെ ചെയ്യുന്നത് പ്രമേയുടെ പ്രാമാണികത്തെ കുറിച്ചല്ല പ്രമേയുടെ ഉത്പത്തി സ്വതയാണോ പരിതയാണോ ഇവിടെ പറയുന്നു പ്രമായാഹ ഗുണജന്യത്വ ഉത്പത്തും ഗുണ പ്രമേയുടെ ഉത്പത്തി പരതയാണ് അതിനോട് തെരച്ചു അതെന്താണ് ഞാൻ സ്വീകരിക്കുന്നത് പ്രമായാഹ ഉത്പത്തോ പരിതെന്ന് പറയുന്നത് എന്താണ് ഗുണജന്യത്വം അധികമായിട്ടുള്ള ഗുണപരത എന്ന് പറഞ്ഞാൽ ഒരു പ്രമ എന്തൊക്കെ സാമഗ്രികളാണോ വേണ്ടത് അത് കൂടാതെ ഒരു സാമഗ്രി എന്താണ് ഗുണജന്യത്വ ഗുണം ഗുണങ്ങളിൽ നിന്ന് എന്തുണ്ടാകത്തുള്ളൂ പ്രമേയം ഉണ്ടാകത്തുള്ളുപത്തി സ്വതെന്ന് പറയാൻ പറ്റില്ല പ്രമേഹ ഉത്പന്നമാകുന്നതിന് അധികമായിട്ട് എന്തിനെ ഗുണത്തെ അധികമായി സ്വീകരിച്ചു പരത ഉത്പത്തി എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ അതുപോലെ തന്നെ പ്രമ ഉത്പത്തിയുടെ സാധനങ്ങളെന്നാണ് അന്യമായ ഒന്നിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്തായി ഭരത ഉത്പത്തി അപ്പൊ എന്താണ് ഗുണം പറയുന്നത് പ്രമ അസാധാരണ കാരണം പ്രമയ്ക്കൊരു അസാധാരണ കാരണമാണ് പ്രമ ഉണ്ടാകുന്നതിന് ഇന്ദ്രിയ സന്നിവേഷം പോലുള്ള കാരണങ്ങളൊക്കെ വേണം ഘടം ഭയങ്കരണ്ടാവണമെങ്കിൽ അവിടെ ഇന്ദ്രിയ സന്നിവേഷം വേണം ഇത് കൂടാതെ ഒരു അസാധാരണ കാരണമാണ് അതെന്താണോ ഗുണമാണോ അപ്രമ അസാധാരണ കാരണം ദോഷം അപ്പോൾ അപ്രമയുടെ അസാധാരണ കാരണം എന്താണ് ദോഷം അപ്രമേയുടെ ഉത്പത്തിയിലും ദോഷഭിന്യത്വമുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്പത്തിയും പരിതയാണ് എങ്ങനെയാണോ അപ്രമേയുടെ ഉത്പത്തി സ്വതയായിരിക്കുന്നത് അതുപോലെ അപ്രമേയുടെ ഉത്പത്തില്ല പ്രമേയുടെ ഉത്പത്തി പരതയായിരിക്കും അതുപോലെ അപ്രമേയുടെ ഉത്പത്തി പരതയാണ് പ്രമേയുടെ ഉത്പത്തി പരത എന്ന് പറയാൻ കാരണം എന്താണ് ഗുണജന്യത്വം അങ്ങനെ അപ്രമേയുടെ ഉത്പത്തി പരതയെന്ന് എന്തോണ്ട് പറയുന്നു ദോഷജന്യത്വം ഉണ്ടവിടെ എന്താണ്